ൂറ ഫൂദ് അളവറ്റ അരുളാളനും നിക അൻപടയോനുമാകിയ അല്ലാഹുവൻ തൊരുപ്പേരൽ തോങ്ക്ോം ഇത് വേദമാകും ഇതനങ്ങൾ പൽവേ അത്താക്ഷികളിൽ ഉറതിാക്കപ്പെട്ട പിന്നെ വിവരിക്കപ്പെട്ടുള്ള നനു അറിവനും ഞാനമിക്കോനുമാക്കിയ ഇറവനം ഇരുന്ന് വന്നുള്ളവ അഞ്ച് വേറെ എതനെയും വണങ്ങാതി മെയ്യാ നാ ഉ അച്ചമൂട്ടി എച്ച നന്മാറായം കൂടുപവനും ഇവനം മുന്നിപ്പേടി പാവങ്ങളെ വിട്ട് അവനടം തുമ്പോൾ അവൾ അവൻ ഒരു കുറിത്ത തവണ വരെ ഉാഴ വസടികളെ ഏർപ്പെടുത്തുവരുക്കും മറുമ്പിൽ തൻ അരുള കൊടുപ്പ ും മീണ്ടും അവൻ എല്ലാ ഉടയവൻ നബിയേർ കൂടുവീര അവർ തങ്ങളെ അല്ലാഹുവിടം ഇരുന്ന് മറത്തക്കൊള്ളയങ്ങളെ മറത്തു മൂടുകൾ അവർ തടൈകളിൽ തമ്മിൽ പോട്ടിക്കൊണ്ടാലും അവർ മറത്തു വെപ്പതയും കാട്ടും അവൻ അലൈകാൻ ഏനു നിയങ്ങളിൽ രഹസ്യങ്ങൾ യാവും നനു അറിവനായി അറിഞ്ഞകൊള്ളവീകളാണ് ഇന്നും ഉണവളിക്ക അല്ലാ പൊറപ്പേറ്റ് കൊള്ളാത്ത എന്ത് പ്രാണിയും ഭൂമിയില്ല തരിപട്ട് വാഴ്ന്ന ഇടത്തെയും അവ മടി അടങ്ങും ഇടത്തെയും അവൻ അറികളാണ് ഇവ അനത്തും ലവഹുൽ മഹൂൽ എന്നും പതിവായി അവൻ വാനങ്ങളെയും ഭൂമിയെയും പഠിത്തമേൽ ഉള്ളിൽ യർ അമലിൽ മേലാർ എംട്ട് ഇവറ്റ പഠിച്ച നബിയേ അവർ നിശ്ചയമാരണത്തിൻ എഴുപ്പപ്പെടുവീനാൽ അതൊക്കെ അവരാകരിപ്പവർ ഇത് തെളിവാണ് ശൂന്യത്തെ തവരല്ലേ നിശ്ചയമാരെ നാം പടുത്തോമാണാലും യാതും അവർ വേദന വരും നാളിൽ അതെ അവട്ടും എവരും തടുത്തുവിടമ എ പരീകാസം ചെയ്തു കൊണ്ടിരുന്നോ അത് അവർ സൂർണ് കൊള്ളും എന്തെയും അവർ അറി വേണ്ടാ നാം നമ്മുടെ റഹ്മത്തെ നനക്കുംബ് പിൻപു അവനെ വിട്ടു നാം നീക്കി വിട്ടാൽ നിശ്ചയമാരാശ് പെരും നന്ദി കെട്ടവനായി വിടുന്ന ആനാ അവനുക്ക് ഏർപ്പെട്ടുപിൻ നമ്മടം ഇരുന്ന് അരു അവൻ അനുഭവിക്കുംപടി ചെയ്ത വിട്ട കേൾ എല്ലാം പോയി വിട്ട് നിശ്ചയമാർവാന് ഏനിൽ അപ്പോൾ പെരു മഹിഴ്ചിയും പെരുമയും കൊള്ളവനായി ോ അവ മുന്നിപ്പും മകത്താകൂലിയും ഉണ്ട് നബിയേ നം വസനങ്ങളെ അവർ ചെവിമുപ്പതില്ലേ ചടീ മൂലം ഉമക്ക് അറിവിക്കപ്പെട്ടവറ്റിൽ സ്രവത്തെ വിട്ടുവിട എണ്ണവോ അവർ മീത് ഒരു പൊക്കിഷം ഇറക്കപ്പെടാമ അല്ലെ അവരുടെ ഒരു മനുക്ക് വരവേണ്ടാ എന്ന് അവർ കൂടുവതിനാൽ ഉം ഇതയം സഞ്ചലത്താൽ ഇടുങ്ങിയവോ കൂടും നിശ്ചയമാച്ചമൂട്ടി എച്ചപ്പവരേ അൻ്റെ വേറില്ല യാവും പൊറപ്പേറ്റ് നിർവഹിപ്പവൻ അല്ലാഹേ അല്ലത് ഇവേദത്തെ അവർ കൊയ്യാ കണ്ടു അവർ കൂടുത അപ്പടിയാണ് പത്ത് അത്യായങ്ങളെ കർപ്പ് കൊണ്ട് മാരുങ്ങൾ ഉണ്മയ അല്ലാതെ ഉണ്ടാക്കിയൊള്ളു അവർ ഉപയോഗിക്കാവിട്ടാൽ അറിഞ്ഞുകൊള്ളു നിശ്ചയമാരുളപ്പെട്ടത് ഇന്നും വണക്കത്തുറിയവൻ അവൻ അൻവേറില്ല ഇനി ഏനും നിങ്ങൾ അല്ലാഹുക്ക് മുറ്റിലും വഴിപെടുവീകളാ എവരേനും ഇവ ഉലകയ മറ്റേ നാടിനാൽ അവലുകൾക്ക് ഉറപ്പു നെവേ അവർ കുറവ് മാറ്റി ഇത്തോക്ക് മടുമയിൽ നരക നെടുപ്പ് തവുമില്ല ഇവർ ചെയ്ത അഴിന്ന് വിട്ടന അവർ ചെയ്തു കൊണ്ടുപോപ്പവയും വീണാനവയേ ഇവർ തയ്യൻ വേദ ആധാരത്തെ അവർ എവ ഇവൻ ഈസാ വരുളിയ ഇഞ്ചീൽ സാക്ഷിയാ അവർ വഴികാട്ടിയും റഹ്മത്തും മൂസാവോ അവയുവാണാൽ ഇക്കൂട്ടത്താകളിൽ എവർ ഇരാകരിക്കോ അവക്കളിക്കപ്പെട്ടുള്ള ഇടം നരകനെരുപ്പേ ആകും ആദല നബിയേ ഇതെപ്പറ്റി നീർ സന്ദേഹത്തിൽ ഇവേദമാണത് നിശ്ചയമാകും എനും മനുതൃത്തിൽ പെരുമ്പാലോ നമ്പതില്ലേ അല്ലാഹുവ കപ്പനയെ വിടും അനുയായക്കാരൻ യാ അത്തോർ മറമയിൽ തങ്ങൾ ഇറവൻ മുൻ നൃത്തപ്പെടുവീ ഇവകളാം തങ്ങൾ ഇറവൻ മീത് കൊയ്ക്കൂറിയവൾ സാക്ഷി കൂറും വലക്ക് ഇത്ത അനുയായക്കാരൻ മീത് അല്ലാഹു സാപമുണ്ടാകും അവർ മനുഷ്യ അതയെ വിട്ട് തടുക്കുക കോണലയും കൊണ്ടുവന്ന വരുമ്പോൾ ഇവർ തരുമയ നിരാകരിപ്പവാര അല്ലാ തട്ടിപ്പോർക്കടി വിടമില്ല അല്ലാഹവേ തവര ഇവർക്ക് വേറെ പാതു കാവല ഇവർക്ക് വേദന ഇരട്ടിപ്പാക്കും അവർ നല്ലവറ്റും ശക്തിയെ ഇള ഇവർവഴിയെ കാണു മാറ്റി ഇവകാം തങ്ങളുടെ താങ്കളെ നഷ്ടം വിളവീത്ത് കൊണ്ടവർ ഇവർ കർപ്പനെ കൊണ്ടുപോകുന്ന ദൈവങ്ങൾ യാവും നീതി തീർപ്പ് നാളിൽ ഇവർ വിട്ടു മറന്ന് വിടും നിശ്ചയമായ ഇവർ മറബിൽ പെരും നഷ്ടമ സന്തേഹമേ ഇല്ല നിശ്ചയമായ ഇവർ നമ്പികൾ ചെയ്തു ഇന്നും തങ്ങൾ ഇറവനുക്ക് മുറ്റിലും അടിപണി കിട്ടുന്നോ അവനവദി അങ്ങ് അവർ എന്തെങ്കിലും നിലത്തിരുപ്പ് ഇവ്വിരു പ്രിവിനുദം ഒരു പ്രിവിന കുരുടർ പോലും ഇനി ഒരു പ്രിവിന പാർവയുള്ളവർ നല്ല കേന്ദ്രിയ ഉടയവർ പോലും ഇവരു പ്രിവിനും ഒപ്പ് ഓമയിൽ സമമാവറങ്ങൾ സിന്ധിക്കൂഹ അവരുടെ സമൂഹത്താരി അനപ്പി വെപ്പോ അവർ അവഹിരംഗ അച്ചമൂട്ടി എച്ചവൻ നിങ്ങൾ അല്ലാതെ അൻ്റെ വേറെ എനിയും വണങ്ങാതി അപ്പൊ വണങ്ങിനാൽ നോവിനും നാളെ വേദന ഉണ്ടു നിശ്ചയം വരും അഞ്ചുകേൻ കൂറിഞ്ഞ അവരെ നിരാകരിത്ത അവരുടെ സമൂഹത്തിൻ്റെ തലവർ അവരെ നോക്കി നാം ഉമ്മ എപ്പോൾ മനുതരകേ അൻ റിതമാ കാണില്ല എങ്ങൾക്ക് ആൾന്ന യോച ഇഴിബാനവുകളെ അൻ റിവരും ഉമ്മ പിൻപറ്റി നടപ്പും നാം കാണില്ല എങ്ങളെവിടെ ഉടം എന്താണ് മേന്മയു നാം കാണില്ല മെയ്യാ ഉള്ള കൊയ്യുകൾ എന്തേലും എണ്ണകോം കൂറിനാ അവ സമൂഹത്തവുകളെ കവനീകളിൽ വന്നുള്ള തെളിവാണ് അത്താക്ഷിയമേ നിലപ്പെട്ട് നാളെ ഇറവൻ അവൻ തന്നിടം ഇരുന്ന് തൻ്റെ അളിത്തും അത് ഉൾ കണകൾക്ക് പുലപ്പെടാ അതെ വെറുത്തുവിട്ടാൽ അതെ പിൻപറ്റെ നിർബന്ധിക്കടിയും സമൂഹത്തവുകളെ അല്ലാഹുവൻ കട്ടലയെ എടുത്ത് ചൊൽക്കാ നാം ഉം എന്ത് കേട്ട കൂലി അല്ലാഹുവിടമേ അൻ്റെ ഉങ്ങളുടെ ഇല്ലേ ഈമാൻ കൊണ്ടവർ അവരുടെ നില എപ്പടി ഇരുപ്പിനും നാൾ വരട്ടി വിടുപവൻ അല്ല നിശ്ചയമാം ഇവയുടൻ സന്ദിപ്പവളാക ഉങ്ങളെയോ അറിവില്ലാ സമൂഹത്തവുകളേ നാം കാണുകവളട്ടിവിട്ടാൽ അല്ലാഹുവൻ ദണ്യയിലിരുന്ന് ഉദവിസൈൻ സിന്ധിക്ക വേണ്ടാ അല്ലാഹുടേ കൊക്കിഷങ്ങൾ എന്നിടം ഇരിക്കും കൂടില്ല മറവാനവറ്റ നാ അറിണ്ടവനും അല്ല നിശ്ചയമാ നാൻ ഒരു മലക്ക് നാറില്ലേ യവള ഉടൻ കണികൾ ഇഴിവാ നോക്ക് കണ്ടനോ അവ നന്മയും അളിക്കാൻ കൂടില്ല അവൻ ഇലയങ്ങളിൽ ഉള്ളതെ അല്ലാഹേ നനു അറിഞ്ഞവൻ ഉൺമകളുക്ക് മാറാ നാം എൻ്റെ ചെയ്താൽ നിശ്ചയമാ നാനും അനുയായക്കാരുകളിൽ ഒരുവനായി വിടുവേൻ അതൊക്കെ അവർ നൂഹേ നിശ്ചയമാർക്കം അധികമാർ എങ്ങനെ തർക്കം ചെയ്യേ ഉള്ള അച്ചമൂട്ടുകേദനയെ കൊണ്ടുവരും അതുകൊണ്ട് അവർ നിശ്ചയമാടൽ അത് ഉൾ മീത് കൊണ്ടുവരുപൻ അവനേ ആവാം അതെ തടുത്തുവിടക്കൂടിയവളും അല്ല ഉപദേശം ചെയ്യുന്നാലും ഉണ്ടെ വഴികെ വിട്ടുവയ്ക്ക അല്ലാതെ നാടിയാൽ എന്നുപദേശം ഉണ്ടു യാതൊരു പയണമിക്കാതെ അവൻതാ ഉപരിപാലി ഉടൻ ഇറവൻ അവനിടമേ മീണ്ടും കൊണ്ടുവരപ്പെടുവീൻ കൂറിഞ്ഞ നബിയേർ കൂറും പോലും ഇതെ ഇവർ ഇട്ടക്കട്ടി കൊല്ലുകീർ കൂറും നാൻ ഇതെ ഇട്ടക്കട്ടിച്ച് മീതേ എൻ കുറ്റം സാറും നിങ്ങൾ ചെയ്യും കുറ്റങ്ങളിൽ നീങ്ങിയവൻ ആവേശ വഹി അറിയിക്കപ്പെട്ടത് മുൻ ഈമാൻ കൊണ്ടവർ തവര ഇനി ഉമ്മയ സമൂഹത്താറില്ല എവരും നമ്പികൾ അവർ ചെയ്ത വിസാരീർ നം പാർവയിൽ നം വഹി അറിവിപ്പ ഒരു കപ്പലൈ കട്ടും അനുയായം ചെയ്തവർ പറ്റി പരിന്തീ എന്നേശാ നിശ്ചയമാളയത്തിൽ മൂഴടിക്കപ്പെടുവീ അവർ കപ്പൽ കട്ടിക്കൊണ്ടിരുന്ന പോലും അവരുടെ സമൂഹത്തിൻ്റെ തലവുകൾ അവർ പക്കമാല്ലാം അവ പരീഹസിത്തീകളിൽ നിശ്ചയമാരീഹസിപ്പതുപോലെ അതിവ്രൈവിൽ ഉണ്ടെ പരിഹസിപ്പോം കൂടിനും അവൻ ഇഴിപെടുത്തും വേദന വരും എവൻ മീത് നിലത്തിരുക്കും വേദന ഇറങ്ങും മിക വിലന്തു കൊള്ളീർ നം ഉത്തരവ് വന്നത് അടുപ്പ് നാം മൂകെ നോക്കി ഉയർ പ്രാണികൾ ഒര് വകുപ്പും ആൺ പെൺ കൊണ്ട ഒര് ജോഡിയെ അക്കപ്പലിൽ ഏറ്റിക്കൊള്ളും മൂളടിക്കപ്പെടുവെ കുറിച്ച് മുൻപേ നം വാക്ക് ഏർപ്പെട്ടുവിട്ടതോ അവൻ കുടുംബത്താരെയും ഈമു കൊണ്ടവുകളും ഏറ്റിക്കൊള്ളും എന്ന് നാം കൂറിനോ വക്കളെ തവര മറ്റവർ അവരുടെ ഈമാൻ കൊള്ളവില്ല ോരെ നോക്കി അവർ ചെലുത്തവും വല്ല അല്ലാഹുവൻ തൃനാമത്തെ ഏറിക്കൊള്ളു മെയ്യാൻ ഇറവൻ മികവും മുന്നിപ്പവനാ മിക്ക കൃവയ ഉടയവനാൻ കൂറിനാ പിന്നറ കപ്പൽ മലകളെ പോ അലൈകൾക്ക് ഇടയേ അവലകി നം മകനെ നോക്കി എൻ അരുമെ മകനേ എങ്ങളോട് നീയും കപ്പലിൽ എറിക്കൊള്ളേ ഉറക്ക അഴൈത്തൂടി ഒരു മലയു മേൽ നാട്ടു തപ്പി വിടുവേൻ്റെ അല്ലാ എവർമേൽ കരുവാനോ അവരെ തവര വേറെ എവരും ഇന്ന് അല്ലാഹുവിൻ കട്ടലിൽ രക്ഷിക്കപ്പെടുമ്പി കൂറിനാ അച്ചമയം അവയെ ഒന്ന് എഴുതി കുറിക്കും അവൻ മൂഴടിക്കപ്പെട്ടവളിൽ ഒരുവനായിട്ട് പിന്നെ വിഴുങ്ങി വിടു വാനമേ മഴയെ നൃത്തിക്കൊള്ളത് ഉറൈക്കപ്പെട്ടത് നിരാകരിത്തോർ മൂഴി അവർ കാര്യമും മുടി വിട്ടത് കപ്പൽ ജൂതി മല മീന് തങ്ങിയത് അനുയായം ചെയ്ത മക്കൾക്ക് ഇത്തുതാൻ കൂടപ്പെട്ടത് ഇവനം ഇവനേ നിശ്ചയമാ കുടുംബത്തെ ചേർന്നവനേ ഉൻ വാക്ക് നിശ്ചയമാണോല്ലാം ഇരിക്കുന്ന ഇവൻ കൂറിനാൻ നൂഹേ ഉമയ അവൻ ഉൻ കുടുംബത്തെ സാർന്നവൻ അല്ലയൊഴുക്കമില്ലാ കൊണ്ടുതന്നെ അറിയാതെ വിഷയത്തെ പറ്റി എന്നിടം കേണ്ടാം ീ അറിയാതെ ഒരുവരായി വിട വേണ്ടാം ഉമക്ക് ഉപദേശം ചെയ്യുക അതൊക്കെ നൂഹ്വനേ നാ അറിയാതെ വിഷയം പറ്റി നാം ഉന്നിടം കെപ്പതിലിരുന്ന് രക്ഷിക്ക് ഉന്നിടം വേണ്ട മന്നിത്ത് കിഴിവ്യാവിട്ടാൽ നാനും നഷ്ടമോട് ഒരുവനായി വിടുവേൻ്റെ കൂറിനാ കപ്പൽ ജൂരിലെ തങ്ങിയതും നൂഹേ നം സാധിയുടൻ സലാമത്താ കപ്പലിലിരുന്ന് ഇറങ്ങും ഉം മീതും ഉമ്മൻ ഇരു കൂട്ടത്താർ മീതും പെരുംങ്ങൾ ഉണ്ടാവും പാലത്തിൽ ഉമ്മ സന്ത അവയുഖം അനുഭവിക്കും ആനാ ഇതിൽ അവപുകളിൽ അവരെ നോവിന ചെയ്യും വേദന നമ്മുടെ വന്നടയും കൂടപ്പെട്ടത് നബിയേ ഉമുക്ക് ഇത് മറവാന നികഴികളിൽ ഉള്ളതാകും നാം ഇതെ ഉമക്ക് വഹിമൂലം അറിയിത്തോ ീരോ അല്ലോ ഇതും മുൻ ഇതെ അറിവില്ല കൈകൊള്ളവീരുക നിശ്ചയമായ ഇറിയിൽ നല്ല മുടി ഭയഭക്തി ഉടയവർഗ്ഗം ആദ്യ സമൂഹത്ത സഹോദരം തൂതരുക അനപ്പി വർന്ന സമൂഹത്താരേ അല്ലാതെയേ വണങ്ങുണ്ടേ ഇറവൻ ഉണ്ടാക്ക മറ്റൈവങ്ങൾ എല്ലാം നിങ്ങൾ പൊയ്യാ കൂഹത്താകളെ ഇതാണ് ഉങ്ങളുടെ ഒരു കൂലിയും കേട്ടവില്ല കൂലിയെല്ലാം എന്നെ പഠിത്ത അല്ലാവിടമേക്കളങ്ങിക്കൊള്ള മാറ്റീകളാൻ ഉടൻ സമൂഹത്താകളെ നിങ്ങൾ ഉള്ള ഇറവം പിഴേ പൊരുക്ക തേടുങ്ങൾ ഇന്നും സൗബാ ചെയ്തു അവൻ പക്കമേ മീളുങ്ങൾ അവൻ ഉൾപ്പെടാൻ ഉള്ള വലിമയുടൻ വലിമ അവടാ എച്ചു അവർ പോ അത്താക്ഷം കൊണ്ടുവരവില്ല ഉമ്മയുക്ക എങ്കിൽ വിട്ടുവിടുപും അല്ല വും അല്ല എങ്ങനെ ദൈവങ്ങളിൽ ചില കേട്ട് കൊണ്ടും പിടിച്ച് കൊണ്ടു വേറെ എതു കൂടുവില്ലേ കൂറിനാ അതാണ് അല്ലാതെ സാക്ഷിയാക്ക് ഇണ വൈപ്പവറ്റ വിട്ടും നിശ്ചയമാളകി കൊണ്ടേ എൻപതും നിങ്ങളും സാക്ഷിയായിരുന്നു ആകെ അവനെ അന്തി അനുവരും ഒന്ന് ചേർന്ന് സൂഴ്ചിയെങ്കിൽ എന്ത അവകാശമ കൊടുക്കാം നിശ്ചയമാടമേ പൊറപ്പി വിട്ടേ അവൻ അതെട്ടി ഓമത്തെ പിടിത്തേ അല്ലാമ എന്ത ഉയർപ്രാണിയും ഇല്ല നിശ്ചയമാേരാണ് വഴിയാൻ ഇവ ഉപദേശത്തെ പുറക്കണിപ്പീൻ സേവൻ വെടുവ് അവനുക്ക് പൊരുളയും കൊണ്ട് തീങ്ങു ചെയ്യ മുയും പാതുപ്പവനാൻ കൂറിഞ്ഞ നമ്മുടെ തണ്ടനെക്കാൻ ഉത്തരവ് വന്നപ്പോൾ അവരുടെ ഈമാൻ കൊണ്ടവുകളോ ഇന്നും കടുമയാണ് വിട്ടും അവൻ വരലാറോ അവാക്ഷികളെ നിരാകരി അവരുടെ തൂതമാക്കാരമ്പുകളിൽ കട്ടളയെയും പിൻപറ്റിനു ന്യായ തീർപ്പ് നാളിലും അല്ലാഹവൻ സാപത്തിനാൽ തുടരപ്പെട്ട അറിഞ്ഞുകൊള്ളിയ ആത് കൂട്ടത്തു മാറിയ ആത് കൂട്ടത്താർക്ക് കേടുതാൻ ഇന്നും സമൂഹ കൂട്ടത്തിനാൽ അവർ സഹോദര സാലിക നാം തൂതരുക അനപ്പിനോ അവർ സമൂഹത്താരേ അല്ലാതെയേ വണങ്ങു അവനെ തവര ഉയൻ ഇല്ലേ അവനെ ഉണ്ടെ ഭൂമിയ ഉണ്ടാക്കി അതിലേയെ ഉണ്ടെ വസിക്കും വൈത്താണ് അവനിടമേ പിഴ കൊടുക്ക തേടുങ്ങൾ ഇന്നും സൗബാ ചെയ്തു അവൻ പക്കമേ മീളുങ്ങൾ നിശ്ചയമാങ്ങൾക്ക് മിക അരുക്കാൻ നം പ്രാർത്ഥനകളെ ഏർപ്പവനാമ അവർ എങ്ങളിടേ നമ്പിക്കേയ്ക്ക് ഉറിയവരായി എങ്ങനെയ മൂതാളിയണങ്ങനോ അതെ വണങ്ങുവതവി എൻ പക്കം അഴക്കീരോ അതെപ്പറ്റി നിശ്ചയമാരും സന്ദേഹത്തിൽ കൂടിയാരേണ്ടാ നാം എൻ ഇളവനിലേക്ക് തെളിവാണ് അത്താക്ഷിയെ പെട്ടിരിക്കും തന്നിടം ഇരുന്ന് അറളും വഴങ്ങിയാൻ അവനുക്ക് മാറാൽ അല്ലാതെ വിട്ടും ഉദവിസ ോ എഴപ്പ തവരവേറെക്കിവിടീ അഞ്ചിയും സമൂഹത്താറേ ഉത്താക്ഷിയാ ഇതോ ഇത് അല്ലാഹുടേ ഒരു പെൺ ഒട്ടകം ആകെ അല്ലാഹു ഭൂമിയെ എതിർച്ചയായി അത് മേയ വിട്ടുവിടുങ്ങൾ എന്ത്വിധമാണ് തീങ്കും ചെയ്യ കരുതി അതെ തീണ്ടാടീ അപ്പടി നിങ്ങൾ ചെയ്താൽ അതിസീക്കരത്തിൽ ഉള്ള വേദനയെ പിടിച്ച് കൊള്ളും എന്നും കൂടിന അവർ അതമ്പെ തുണ്ടിത്തുവിട്ടാൽ ആകെ അവർ അമ്മക്കളം ഉണ്ടോയ വീടുകളിൽ മൂന്ന് നാളുകൾക്ക് വിയുങ്ങൾ പിന്നെ ഉണ്ടു അഴിവ് വന്ന് വിടും ഇത് പുതിപ്പിക്കും അവാഴേ നമ്മുടെ കട്ടറെ വന്നപോലും നാം സാലികയും അവരുടെ ഈമാൻ കൊണ്ടവുകളും നമ്മുടെ അരുണിനാൽ അഴിവിലേക്ക് കാപ്പാറ്റി വിട്ടോ നബിയേ നിശ്ചയമാരെവൻ വല്ല മിക്കവനാ മികത്തവനാണ്ടവരെ ഭയങ്കരമായ പേരിടി മുഴക്കം പീഡിത്തു കൊണ്ടത് അതാ അവളിൽ തങ്ങൾ വീടുകളിലേ അഴിഞ്ഞ പോയി കിടന്നു മുൻ അവർ അവറ്റിൽ ഒരു കാലത്തിലും വസിച്ചതെ പോലെ അഴിക്കപ്പെട്ട സമൂഹ കൂട്ടത്തിനർ തങ്ങൾ ഇറവെ നിരാകരിത്ത അറിഞ്ഞകൊള്ളവീകളാ സമൂഹ കൂട്ടത്തിനു നാശം താൻ നിശ്ചയമാ നം തൂത വാനവർ ഇബ്രാഹീമുക്ക് നന്മാറായം നച്ചു കൊണ്ടുവന്ന് സലാം ഇബ്രാഹീമും വസാം അവർ ഉണതിയെ കൊണ്ടുവരു താമരിക്കില്ല ആനാ അവൈകണി പക്കം ചെല്ലാത്ത കണ്ട് അവർ അവയപ്പെട്ട അവർ മീത് അവർക്ക് ഭയമ ഏർപ്പെട്ടുവിട്ടത് ആൾക്കോ അവരെ പാർട്ടി നിശ്ചയമാർവൽ അനുഭവിയും അംഗ് നർ സിത്തു നാം പറ്റിയും അവരുടെ പിന്നോബ പറ്റിയും നന്മാറായം കൂടിനോ അവർ കൂറിനാ കൈശേതമേ നാം പുതിയവളാ ഇതോ എൻ കണവർ മുതിയവനവും നിലയിൽ നാൻ കുഴയമാറ്റി ആഹ്മും അവനുടേ വടക്കും അരളും വാക്യമും ഇവീട്ടിലുള്ള ഉൾപ്പെടെ ഉണ്ടാവും പുഴുടയു മഹിമ വായ്പതി ഇതു കേീമ വിട്ട് ഭയം നീങ്ങി നന്മാറായം അവ സമൂഹത്താൽ പറ്റി നമ്മുടെ വാദിടലാൽ നിശ്ചയമാബ്രാഹീം സഹിപ്പുടയും ഇവൻ മുഖം ഇന്ന ഇപ്രാഹീമേ അം മക്കൾ മീതു കൊണ്ട ഇറക്കത്താൽ ഇതെപ്പറ്റി വാദിടാതെ ഇവ് വിഷയത്തെ പുറക്കണിയും ഏനില ഉയ ഇവൻ കട്ടള നിശ്ചയമാലും അവർക്കുടേ നിശ്ചയമാരക്കൂടിയതേ ആകും നം തൂതം വന്നപ്പോൾ മക്കനമുള്ളവരാണ് ഇത് നെരുക്കടിമിക്കും അവരുടെ സമൂഹത്തു അവർ വിലന്തോടി വന്നാൽ ഇന്നും അവർ തീയല അവ നോക്കി ലൂത്ത് സമൂഹത്താകളെ ഇതോ ഇവർവികൾ ഇവർ ഉണ്ടാക്കണത്തി പരിശുദ്ധവെന്നും അല്ലാഹുക്ക് അഞ്ചു വിഷയത്തിൽ അവമാനപ്പെടുത്തുന്ന ഒരുവർ കൂടെ ഉള്ളിൽ ഇല്ലയോ അതൊക്കെ അവർ ഉമ്മൽവിയരൽ എങ്ങനെ എന്താ ബാധ്യതയും ഇല്ല എണുമായി അറിഞ്ഞിരിക്കുന്നത് എന്നതയും അറിവീർ അതൊക്കെ അവർ ഉണ്ടെ തോന്നി അല്ലെ തടുക്ക പോ വലിമയുള്ള ആദരവൻപാൽ നാം ഒരുങ്ങേ എന്ന് വിശനത്തുടൻ കൂറിനാ വിരുവർ കൂറിനാ മെയ്യാ നാം ഉമ്മ ഇരവനും തൂതകളേക്കോ നിശ്ചയമാടയ മുടിയ ഒരു പകുതി ഇരുമ്പോതേ ഉം കുടുംബത്തുടൻ ഇവൂറെ വിട്ടു ചെറുവിടും ഉമ്മടിയ മനവിയെ തവര ഉറും തുമ്പി പാർക്കാം നിശ്ചയമാരക്കൂടി ആപത്ത് അവളെയും പീഡിത്തൊള്ളും അവയം വിടിയ കാളാകും വിടിയ കാള സമീപി വിടവില്ല പറ്റിയ നം കട്ട വന്ന് വിട്ട പോരും അതേതട്ടെ കീഴ് തട്ടാക്കി വിട്ടോ ഇന്നും അതീപ മഴ പൊഴിയ വെത്തോ കക്കൾ ഇവനം ഇന്ന് അടയാളം ഇടപെട്ടക്കാരും ഇല്ല മതിയ നഗരത്തിൽ അവപ്പി വളം അല്ലാതെ വണങ്ങുണ്ടെങ്കിൽ അളവിലും നില കുറവ് ചെയ്യാതി ആളവിലും സമൂഹത്തവുകളെ അളവിലും നിലനിൽക്കും നീതിയെ കൊണ്ട് പൂർത്തി ചെയ്യുണ്ടാക്കിയ അവരുടെ കുറച്ച് വിടാ ഭൂമിയെ വിഷമം ചെയ്തു കൊണ്ട് വരമ്പ് മീരെ അലയറീൻ ഉമ്മ പൂമീനങ്ങളായി അല്ലാ മീതപ്പെടുത്തേ ഉടയതാകും കൺ കാണിപ്പവനും അല്ലെങ്കിൽ വിട്ടുവിടുമാറും വിരുപ്പിളി സെലവ് ചെയ്ത വിട്ടുവിടുമാറും ഉമ്മ മാര്ത്തൊഴുകയാവുകയേ തീരുവയുള്ളവരും നേർമയാനവരുതാണ് ഏളനമാവുകളെ നാൻ എന്ന അത്താക്ഷി മീത് ഇരുപ്പതും അവൻ തന്നിടം ഇന്ന് അഴകാന ആകാര വസടികളെ അറിത്തിൽ അറിവീകളാൻ എട്ട് ഉണ്ടെങ്കിൽ വിളക്ക് അതെയേ നാനും ചെയ്തു നലനുക്ക് മാറു ചെയ്യാൻ വരും എന്നാൽ ഇന്ന വരയിൽ ഉള്ള സീരൃത്തെയേ അഞ്ചുകയും നാം മാടില്ല ഉദവിപത് അല്ലാതെ വേറെ ഇല്ലേ അവനേ പൊറപ്പ് കൊടുത്തിരിക്കേൻ ഇന്നും അവൻ പാലേ മീളുകേ സമൂഹത്തവുകളെ എന്നുടൻ പിളവാനത് നൂഹ് ഉട സമൂഹത്തവരെയും കൂതുടേ സമൂഹത്തവരെയും ഉടൂത്തവരെയും പീളിത്തൊണ്ടതു പോദന ഉങ്ങളെയും പീളിത്തൊള്ളുംപടി ചെയ്തുവിട വേണ്ട സമൂഹത്തവർ ഉണ്ടു ഇല്ല ആകെ ഉടനെ ഇറവരിടം മന്നിപ്പ് കോരി ഇന്നും അവനടമേ തവായ ചെയ്ത് അവൻ പക്കമേ മീളുങ്ങൾ നിശ്ചയമാരുപയുടും പ്രിയമുടയർ പുരികൊള്ള മുല്ല ഉടയെ ബലഹീനരകെ നാളെ കാണുക ഉം കുടുംബത്താൽ ഇല്ലേ എന്താ ഉം കല്ലറിതേ നാളുകൾ കൊണ്ടുപോപ്പോ നീർങ്ങളിൽ മതിപ്പിക് അല്ലർ അതൊക്കെ അവർ കൂടിയവർ അല്ലാതെ വിടേ കുടുംബത്തുടനെ മുറുകുക്ക് പള്ളി പുറക്കണിത് വിട്ട ഇളവൻ ചെയ്യും എല്ലാ പക്കങ്ങളിലും സൂർന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ സമൂഹത്തവുകളെ ഉണ്ടാക്കി ഇസൈന്ദ്ര കൊണ്ടുപോകാൻ നാനും ഇസൈന്ദ്ര കൊണ്ടുക്കേണ്ടി ഇഴി ഉതും വേദന യാരെ വടയും എന്താ അനേരത്തെ എതിർ പാർത്തീൻ നിശ്ചയമായി നാനും ഉള്ള എതിരും നാം കട്ടുപെയും അവരുടെ ഈമാൻ കൊണ്ടവുകളും നമുക്ക് കൊണ്ട് നാം കാപ്പാറ്റോ അനുയായം ചെയ്തവർ കളി പേരിലിയൻ മുഴക്കം പിടിച്ച് കൊണ്ടത് അവർ തീടുകളിൽ ഇറന്ന വാറേ കാളിൽ ഇറന്ന് കിടന്നു അവ വീടുകളിൽ അവർ ഒരു കാലത്തിലും വാഴവുകൾ പോലിവിട്ടു കൊള്ളു കൂട്ടത്താർ ചാവിനാൽ നാശമാണത് പോയ മോസാവ നം വസനങ്ങൾ അത്താക്ഷിയുടനും വെളിപ്പെടാനും അനുഭവി വെച്ചോ അവൻ അവർ അവനും അവനുടേ പ്രമുഖനും അവർ വന്നു അപ്പോൾ അവർ നരകത്തിൽ സേർപ്പോയി സേർക്കും ഇടം മികവും കെട്ടത് ഇവർമനാളിലും അവർ സാപത്താൽ പിന്തുടരപ്പെട്ട അവ സന്മാനം മികവും കെട്ടത് നബിയെ വരലാകും ഇവർ എടുത്തു ഇവർ ഇപ്പോൾ അറുപടോൾ അഴിപെട്ടം ചെയ്യില്ല അവർ തനക്ക് താമേ അനുയായം ചെയ്തു കൊണ്ടാൽ ഉം ഇറവം ഇരുന്ന് കട്ടള വന്ന പോലെ അല്ലാതെ അന്തി അവർ അഴൈത്തൊണ്ടിരുന്ന ദൈവങ്ങൾ എം അവധ പയനും അല്ലെ അവ അനുയായം ചെയ്യും ഇപ്പൊ ഇവടി പിടി വേദന മിക്കതാ മിക കഠിന മറമൈ നാളിൽ വേദനയെ ഭയപ്പെടുകവർക്ക് ഇതിൽ തക്ക അത്താക്ഷി അത് മനുഷ്യർ യാവും ഒന്ന് സേക്കും നാളാകും അന് അവർ യാവും ഇവൻ മുൻന കൊണ്ടുവരപ്പെടും നാളാകും നാം അമ്മ ഒരു കുറിപ്പിച്ചൊപ്പ തവണയെ അധികാലത്തുപറപ്പെടുത്തി വയ്ക്കും ഇല്ല അൾ വരുംപോലും അവരുടെ അനുമതി ഇന്ത്യ എംസ ഇലാ ഇന്നും അവർബാക്യശാലികളും ഇരുപ്പർ നർബാക്യശാലികളും ഇരുപ്പർ ദുർഭാഗ്യശാല നരക നെടുപ്പിൽ ഇറയപ്പെട്ട അതിൽ അവർക്ക് പെരും കൂച്ചലും മുനകളും താൻ ഉം ഇവൻ നാടിനി വാളുകളും ഭൂമിയും നീടി കാലമെല്ലാം അവർ നിശ്ചയമാർ ഇൻടിനാലൻ വാളുകളും ഭൂമിയും നിലത്തില്ല അവർ അച്ചുവനത്തിലേ നിലപെട്ട വിടുവരാത അടയാകെ ഇവർ വണങ്ങുപയെ പറ്റിനേ സന്തേഹപ്പെടാം ഇവർക്ക് മുൻ ഇവരുടെ മൂതാദയർ വഴങ്ങി വന്ന പ്രകാരമേതാൻ ഇവകളും വണങ്ങുകി മുഴമ ഇവർക്ക് കൊടുപ്പോ അന് നിയ മൂസാ വേദത്തെ കൊടുത്തോ അതിൽ മാറാ ഉം ഇവരിടം ഇരുന്ന് ഇവരുടെ വേദനക്കാലം പറ്റി മുൻരേ ഒരു വാർത്ത ഉണ്ടാക്കിയാവിട്ടാൽ ഇങ്ങേയേ ഇവർക്ക് ഇടയിൽ കാര്യം മുടിയില്ലാതെ സന്തേഹത്തിൽ അവർ ഒരവർക്കും അവരുടെ ഉറിയ കൂലിയെ മുഴമയായ കൊടുപ്പാൻ നിശ്ചയമാറിന്വനേ ആകെ നീർവ്രകാരം നേർവഴിയെ ഉറിയാകേ അല്ലാഹിട്ടും ഉറ്റ് കവനി ഇന്നും അനുയായം കളേ അവൾ സായ് വിടാ അപ്പടി ചെയ്ത നരക നെരുടെ പിടിത്തക്കൊള്ളും അല്ലാഹ് അന്റി ഉപ്പാർ എവരും അവര എം ഉദവി ചെയ്യപ്പെടുക പകലിൻ കാളിയും ഇറവൻ പകുതിയിലും കൊടുക്കയെ നിലപാട് നിശ്ചയമാറ്റെലുകൾ തീച്ചെലുകള പോക്കിവിടും ഇരവനെ നിനവോർക്ക് ഇത് നല്ല ഉപദേശമാർമയെ കടപിടിപ്പീരുക നിശ്ചയമാ അഴകിയൻകളിൽ ഉടയോർക്കും നാം രക്ഷിതൊപ്പ തൊഴിലേണ്ട അനുയായക്കാരോ ചെരുക്കിൽ തെച്ചിയ കുറ്റവാളികളാ നബിയെ ഓർ ഊരാ അവ നിലയിൽ അനിയായ ഉം ഇറവൻ അഴിക്കാൻ ഉം ഇറവൻ ആടി മനുഷ്യരെയും ഒരേ സമുദായത്തവരാണ് ആക്കിപ്പാക്കോപ്പെട്ടേ അവർ ഉമ്മ ഇറവൻ അരുൾ പുരിദ്വെ തവരേ അവ പഠിത്ത നിശ്ചയമാനിതായി നരകത്തെ നരപ്പുവേൻ്റെ ഉം ഇറവം പൂർത്തിയാക്കി വിടും നം തൂതാറുകളിൽ ഇവയും ഇവർ ഉമുക്ക് സത്യമും നല്ല ഉപദേശമും നെവൂട്ടലും നമ്പിക കൊള്ളാ നവിയെ കൂടുവീരക്കിൽ നടന്നുകൊള്ളുക എങ്ങൾ പോക്കിൽ ചെയ്തോ നിങ്ങളും ഉൾപ്പെട്ട ും അവറെ എതിര വാനങ്ങളിലും ഭൂമിയും ഉള്ള മറുകൾ രഹസ്യങ്ങൾ പറ്റിയ അല്ലാഹുക്കേ ഉറിയത് അവളിടമേ എല്ലാ കർമ്മങ്ങളും മുടി കാണ മീളും ആകെ അവനെയേ വണങ്ങുണ്ടാവൻ മീതേ പരഞ്ചാട്ടി ഉറദിയാ നമ്പിക്കയ്യുണ്ടെ കുറിച്ച് ഉം ഇളവൻ പരാമുഖമാൽ